അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനായി വേണ്ട തയ്യാറെടുപ്പുകൾ അവർക്കുണ്ടാകുമായിരുന്നു എന്നാൽ അവരുടെ പുറപ്പെടലിനെ അള്ളാഹുസുബാനഹൂവത്താല ഇഷ്ടപ്പെട്ടില്ല അതിനാൽ അവൻ അവരെ തടഞ്ഞു ഇരിക്കുന്നവരോടൊപ്പം നിങ്ങളുമിരിക്കുക എന്നു പറയപ്പെട്ടു